െട്ട് ഏത് ദിവസുടീകരണം നാൽപ്പത്തിയേഴിൽ പറയാൻ ആശയത്തെ വ്യക്തമാക്കും യോഗസ്ഥ കുരു കർമ്മ സംഘം തെറ്റ് ധനഞ്ചയ സിദ്ധസി സമോഭൂത്വ സമത്വം യോഗമുദ്ധ്യത്തെ രാജ്യബന്ധു പ്രബിദീക്ഷു സംഘം തത്വ യുദ്ധാകെ കർമാണി യോഗസ്ഥ രാജ്യബന്ധു പ്രബളിതീഷു രാജ്യം ബന്ധു തുടങ്ങിയ കാര്യങ്ങളിൽ സംഘത്തെ ഉപേക്ഷിച്ചിട്ട് രാഗം അതിനുപേക്ഷിച്ചിട്ട് യുദ്ധാഗീതി കർമാണി യുദ്ധം തുടങ്ങിയ കർമ്മങ്ങൾ യോഗസ്ഥ യോഗസ്ഥിതനായി ഗുരു ചെയ്യൂ അവിടെ ശ്ലോകത്തിൽ കർമാണി തന്നെയാണ് പക്ഷെ ഇവിടെ പറഞ്ഞു വരുന്ന സന്ദർഭമനുസരിച്ച് രാമാനുജാചാര്യ യുദ്ധാലീന കർമാണല്ല എല്ലാ സ്ഥലങ്ങളും ആവർത്തി അർജുനോട് പറയുമ്പോൾ യുദ്ധം തന്നെയാണ് കർമ്മം അല്ല മറ്റു കർമ്മങ്ങളല്ല യുദ്ധം തുടങ്ങിയ അർജുനോട് പറയുമ്പോൾ യുദ്ധം പിന്നെ ഇത് പറഞ്ഞതുപോലെ വർണ്ണികൾക്കും ആശ്രമികൾക്കും വേണ്ടിയിട്ടാണ് തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് ഓരോ വർണ്ണത്തിനും ഓരോ ആശ്രമത്തിനും ചോദിച്ച കർമ്മങ്ങളെ അത് തുടക്കത്തിൽ പറഞ്ഞ കാര്യമാണ് പക്ഷയുടെ അർജുനനോട് അർജുനന് അഭിമുഖമായി പറയുന്നുണ്ട് ഇപ്പോൾ എന്ന് പറഞ്ഞു ബാക്കിയെല്ലാ സന്ദർഭം അനുസരിച്ച് തദ്ർഭൂത വിജയാ സിദ്ധ്യോഹോ സമോഭൂത്വ കർമ്മത്തിന്റെ അന്തർഭവിച്ചിരിക്കുന്ന വിജയം പരാജയം ലാഭം നഷ്ടം കീർത്തി ദുഷ്കീർത്തി ഇങ്ങനെയുള്ള കാര്യം തോന്നുന്നു അതാണ് അതിൽ അന്തർഭൂതമായി വിജയായി സിദ്ധ്യസും നേടുന്ന എല്ലാ സിദ്ധിയും നഷ്ടപ്പെടുന്ന എല്ലാ സിദ്ധിയും അതിൽ സമ വായിക്കുന്നത് ുരു കർമ്മങ്ങൾ ചെയ്യുക തന്നെ സിദ്ധ്യസിദ്ധ്യോഹോ സമത്വം യോഗസ്ഥ യോഗശുദ്ധിയെന്ന് വെച്ചിട്ടു തുടക്കത്തിൽ പറഞ്ഞ യോഗസ്ഥ യോഗസ്ഥിതനായി അതിന് യോഗം എന്ന് പറയുന്നത് എന്താണ് പറയുന്നത് സിദ്ധിയിലും അസിദ്ധിയിലും സമമായിരിക്കും ഇപ്പോൾ സിദ്ധ്യാസിദ്ധിയോടെ പറഞ്ഞു വിജയാദികൾ വിജയം സിദ്ധിയാണ് പരാജയവും അസിദ്ധിയാണ് ഇത്തരം കാര്യങ്ങളിൽ സിദ്ധ്യാസിദ്ധിയോ സമത്വവും സമമായിരിക്കും ചിത്തസമാധാന സമത്വം എന്ന് പറയുന്ന മനസ്സിന്റെ സമാധാനവും ചിത്തശാന്തമായിരിക്കുക ആ ചിത്രസമത്വത്തേണ് യോഗസ്ഥ യോഗസ്ഥ എന്ന് പറയുന്നിടത്ത് യോഗ ശബ്ദം വെച്ച് അവിടെയാണ് യോഗസ്ഥ എന്ന് പറയുന്നിടത്ത് യോഗശബ്ദമെന്ന് പറയുന്നതാണ് കാരണം നാലാമത് പാദത്തിൽ പറയുന്നു സമത്വം യോഗയും ചെയ്ത് അതി യോഗസ്ഥ യോഗത്തിൽ സ്ഥിതനായി അത് കഴിഞ്ഞ അവസാനം പറയുന്നു സമത്വം യോഗ സമത്വമാണ് യോഗസ്ഥൻ എന്ന് വെച്ചാൽ യോഗത്തിൽ സ്ഥിതിനായി സമബുദ്ധിയോടുകൂടി ചിത്തസമാധാനത്തോടുകൂടി വ്യക്തമായി അതെല്ലാം അതിന്റെ സാരം പറയുന്ന യോഗ എന്ന് പറഞ്ഞാൽ സിദ്ധശുദ്ധിയോഹ സമത്വരൂപം ചിത്തസമാധാനം യോഗം എന്ന് പറഞ്ഞാൽ സിദ്ധിയിലും അസിദ്ധിയിലുമുള്ള സമത്വം അതെന്താണ് അസമത്വം എന്ന് പറയുന്നത് ചിത്തസമാധാനം മനസ്സിൻ്റെ സാമ്യാവസ്ഥ ബുദ്ധിയുടെ സാമ്യാവസ്ഥ ആശം വളരെ സ്പഷ്ടമാണ് ഇന്ന് ഇവിടെ വേദാന്ത ദേശികർ ചില ഇതിന് വലിയ ലേഖനത്തിന്റെ ആവശ്യമുണ്ടാകുന്നത് പന്ത്രണ്ട് സ്ഥലങ്ങൾ രാജ്യബന്ധ പ്രഭൃതിഷു മാധ്യമങ്ങളിലെ രാജ്യബന്ധ പ്രതിഷു രാജ്യപ്രഭൃപ്രപതിഷു സംഘ ഫലദ്വാര രാജ്യം തുടങ്ങിയുള്ള കാര്യങ്ങളിലുള്ള സംഘം കാരണം യുദ്ധം ചെയ്യുന്നു രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്നു ഫലത്തിനു വേണ്ടി ചെയ്യുക അപ്പൊ ഫലത്തോട് സംഗമ ഗീതയുടെ സിദ്ധാന്തമനുസരിച്ചത് കർമ്മം ചെയ്യുന്നവനെ ബാധിക്കും കാരണം ഫലാഗ്രഹം കൂടാതെ കർമ്മം ചെയ്യുന്നത് പിന്നെ രാജ്യ ബന്ധു പ്രഭൃതിഷ രാജ്യപ്രവൃത്തിൽ രാജ്യം മുതലായവ ബന്ധു പ്രഭൃതി ബന്ധം മുതലായവ ബന്ധു ബന്ധ അല്ല ബന്ധു അല്ല ബന്ധു പ്രവൃത്തി ബന്ധുക്കളിൽ ഒരാളെ ഞാൻ പറയുന്നത് ബന്ധുപ്രഭൃതിഷോ സന്തോ ഇതാദ്യ അനുഷ്ഠാനമാണ് അത് ബാധിക്കും ബന്ധുക്കളിൽ സംഘം ഉണ്ടായിക്കഴിഞ്ഞാൽ യുദ്ധം ചെയ്യത്തില്ല എന്ന് പറഞ്ഞു ഭീഷ്മൻ ത്രിവണാദികളോടൊക്കെ ആ സംഘം ഉണ്ടായിക്കഴിഞ്ഞാൽ യുദ്ധം ചെയ്യത്തില്ല കാരണം യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ അവരെ കൊല്ലുണ്ട് അപ്പൊ നേരത്തെ തന്നെ പറഞ്ഞല്ലോ എന്നോ ഞാൻ യുദ്ധം ചെയ്യത്തില്ല എന്നോ യുദ്ധം ചെയ്യാതെ യുദ്ധം ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ പാത്രമാണെന്ന് പറഞ്ഞു യുദ്ധം എന്ന് പറയുന്നത് പക്ഷേ ത്രീന്റെ സ്വധർമ്മം അത് ചെയ്തേ മതിയോ അനന്വേഷണം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് അനന്വേഷ ഈ പ്രവൃത്തി ഞാൻ ചെയ്യേണ്ടതാണെന്ന് അറിഞ്ഞിട്ട് അത് ചെയ്യാതിരിക്കുന്നത് കർത്തവ്യ വിനോദം ദോഷം തന്നെ അങ്ങനെയൊരു ദോഷം വരും അതൊരു രണ്ട് എന്താണ് രാജ്യത്തിൽ രാഗം പാടില്ല അതുപോലെ തന്നെ ബന്ധുക്കളോട് രാഗം പാടില്ല സ്വധർമ്മം ചെയ്യും ഇവിടെ സ്വധർമ്മ യുദ്ധമാണ് അതുകൊണ്ട് അതിനോട് ബന്ധപ്പെടുത്തിക്കുന്നത് അവിടെ രമാനുജാചാര്യന്റെ ആശയം വളരെ ക്ലിയറാണ് ശ്രദ്ധയോ എന്ന് പറയുന്നത് സങ്കന്ധിത്വ ഈശ്വരോ മേ തുഷ്യത്തും വിധി സംഗമത്തിലേക്ക് പോകാം എന്നുള്ള വിചാരിച്ചു വളരെ പ്രാധാന്യമുള്ള ഒരു വ്യാഖ്യാനമാണ് നമ്മളൊന്ന് വിശദീകരിച്ചത് സംഘം എന്ന് പറഞ്ഞാൽ രാഗം ഈശ്വരൻ സന്തോഷിക്കട്ടെ എന്നുള്ള ആഗ്രഹം ഉപേക്ഷിച്ചിട്ട് ഈശ്വരാർത്ഥം കർമ്മമാണ് ഈശ്വരനു വേണ്ടി കർമ്മം ചെയ്യും ഈശ്വരൻ എന്നെ അനുഗ്രഹിക്കട്ടെ അല്ലെങ്കിൽ പ്രസാദിക്കട്ടെ എന്നുള്ള ചിന്ത പോലും പാടില്ല എന്നതാണ് രാഘവൻ അതുമില്ലാതെ വേണ്ടി കർമ്മം ചെയ്യും എന്തിനു വേണ്ടി പറയുന്നു ചിത്തശുദ്ധിക്കുക കാരണം രാഗം മനസ്സിലിരിക്കുന്നതും ചിത്തത്തിന്റെ അശുദ്ധി അപ്പം മനസ്സിൽ നിന്ന് രാഗം പോണോ മനസ്സ് രാഗനിർമുക്തമാണോ നിർമ്മലമാണോ രാഗത്ത് പൂർണ്ണമായും അപ്പൊ ഈശ്വരൻ എന്നെ അനുഗ്രഹിക്കട്ടെ എന്നുള്ള രാഗം പോലും മനസ്സിൽ പാടില്ല എന്നിട്ട് ഈശ്വരന് വേണ്ടി കർമ്മം ചെയ്യുക എന്ന് പറയുന്നതാണ് ഭക്തിപൂർവം കർമ്മം ചെയ്യുക എന്ന് പറയുന്നത് അതാണ് ആ പറയുന്നതിനൊരു യുക്തിയുണ്ട് ഭക്തിയോട് യുക്തിയുണ്ട് ഈശ്വരൻ എന്നെ അനുഗ്രഹപ്പെട്ടെ എന്നത് പ്രാർത്ഥന പ്രാർത്ഥനയിൽ നിരാഗം അർത്ഥിക്കുകയും ആവശ്യപ്പെടുകയും അതൊരു ഭക്തനെ ആവശ്യമില്ല അതിനുള്ള നിഷ്കാമഭക്തി എന്ന താമനമെന്ന് മനസ്സിൽ താമനയില്ലാതെ ഒന്നാൻ മനസ്സിൽ ഉത്തമം ശങ്കരാചാര്യരുടെ സിദ്ധാന്തം അനുസരിച്ച് വളരെ യോജിക്കുന്ന വ്യാഖ്യാനമാണ് രാമാനുജനത് കണ്ടിട്ടും കണ്ടില്ലെന്ന് എടുക്കുക എന്തുകൊണ്ട് അങ്ങനെ ഈശ്വരൻ എന്നിൽ പ്രസാദിക്കണം എന്ന് ഭക്തൻ ആഗ്രഹിക്കേണ്ട എന്ന് പറയാൻ കാരണം എന്താണ് പ്രതീക്ഷ വേണ്ട എന്ന് അല്ലെങ്കിൽ ഈശ്വരൻ നിന്ന് എന്തെങ്കിലും ആനുകൂല്യം ബാക്കിയുള്ള ആനുകൂല്യങ്ങൾക്ക് വന്ന പ്രസക്തിയില്ല കാരണം ഈശ്വരന് പ്രസാദം പോലും ആഗ്രഹിക്കുന്നവർക്ക് പിന്നെ ബാക്കി എന്തെങ്കിലും ആഗ്രഹിക്കുന്നതിൻ്റെ ഒരർത്ഥമില്ല അങ്ങനെ ഒരു നിലപാടാണ് ഭക്തന് വേണ്ടത് അതാണ് നിഷ്കാമമായ മനസ് എന്ന് പറയുമ്പോ അങ്ങനെ പറയുന്നതിനുള്ള യുക്തി എന്താണ് അല്ലെങ്കിൽ ശാസ്ത്ര സിദ്ധാന്തം എന്താണ് പഠിച്ചവരാണ് അത് മനസ്സിലാകുമ്പോഴാണ് നമ്മൾ ഭക്തിയും വിശ്വാസവും എന്ന വ്യത്യാസം മനസ്സിലാക്കുക അത് അദ്വൈതത്തിൽ ഈശ്വരന് ഭിന്നമായി താനില്ല പ്രാർത്ഥന പാടില്ലെന്നോ സ്തുതി പാടുകളും അദ്വൈതങ്ങൾ പറയുന്നത് അതായത് തത്വമാണ് വ്യവഹാരത്തിൻ്റെതൊക്കെ ആകാമെന്ന് തന്നെ പറയും അദ്വൈതം തന്നെ ഒരു ത്തിൽ തന്നെ പറയും ഈശ്വരൻ സന്തോഷിക്കട്ടെ എന്തൊരു രാഗം എന്ന് പറയുമ്പോൾ അതിന് കുറച്ചുകൂടെ ഒരു മെച്ചപ്പെട്ട സമാധാനം കണ്ടെത്തി അതായത് ശരിയായ ഭക്തൻ എന്ന് പറയുമ്പോൾ ഈശ്വരനെ അറിയുന്നു ഈശ്വര തത്വത്തെ അറിയുന്നവരാണ് ഭക്തി കൊണ്ട് തന്നെ അറിയുന്നു ശ്രദ്ധാ ഭക്തികളെ കൊണ്ടറിയുന്നു അങ്ങനെ ഈശ്വരനെ അറിയുമ്പോ ഈശ്വരനോടൊന്നും അർത്ഥിക്കേണ്ട ആവശ്യം എന്തുള്ള ഈശ്വരൻ സർവജ്ഞനും സർവശക്തനുമാണ് ഈശ്വരനെ അറിയാം അവൻ എന്താ വേണ്ടത് എന്താ വേണ്ടാത്തത് എല്ലാം അറിയുന്ന ഒരാളുടെ മുമ്പിൽ പോയി പ്രാർത്ഥിക്കുന്നതിന് അർത്ഥിക്കേണ്ട ആവശ്യമൊന്നും അർത്ഥിക്കുക എന്ന് വെച്ചാൽ രാഗമാണ് അത് വർദ്ധിപ്പിക്കുകയാണ് ഈശ്വരൻ അറിഞ്ഞ് ആവശ്യമുള്ള കുറവുകൾ അപ്പൊ ഈശ്വര തത്വത്തെ അറിയുന്നവൻ ഈശ്വരനോട് ഡിമാൻഡുകളൊക്കെ ഉണയ്ക്കേണ്ട ആവശ്യമുണ്ട് രണ്ടു കാര്യങ്ങളൊന്നും ഈശ്വരൻ സർവജ്ഞനായ നമ്മൾ അറിയുന്നു ഈശ്വരൻ എന്താണ് സർവശക്തനാണ് എന്തും നൽകുന്നതിന് സാമർത്ഥ്യമുള്ള അങ്ങനെയുള്ള ഒരാളുടെ നമുക്ക് പോയിട്ട് എന്തെങ്കിലും വേണമെന്നാവശ്യപ്പെടുന്നത് ഈശ്വരന്റെ തത്വത്തെ ഒരു ഭക്തൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ പക്ഷെ കേവല വിശ്വാസിയാണെങ്കിൽ അങ്ങനെ അയാൾ ഒരു ഈശ്വരൻ അങ്ങനെ ഒന്നിനെ വിശ്വസിക്കുന്നു അയാൾ കൂടുതൽ ഇത്തരം തത്വങ്ങളെ കുറിച്ചൊന്നും അയാൾക്ക് ബോധമില്ല അതുകൊണ്ട് അയാളുടെ ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ അയാൾ ഈശ്വരനോട് ആവശ്യപ്പെട്ട് എനിക്കത് വേണം ഇത് വേണം നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടെങ്കിൽ അതുകൊണ്ട് വിശ്വാസികൾ ഭക്തന്മാരല്ല ഭക്തന് വിശ്വാസമുണ്ട് രണ്ടിന് രണ്ടായിരത്തി നാല് അതില്ലായിരിക്കുകയാണ് അജ്ഞാനം ഭക്തന് ഈശ്വരനെ കുറിച്ച് ജ്ഞാനമുണ്ട് അതാണ് പതിനൊന്നാം അധ്യായത്തിൽ അമ്പത്തിനാലാമത്തെ പദ്യത്തിൽ ഭഗവാൻ അർജുനോട് പറയുന്നത് എന്താണ് ഭക്തിയാമാം അഭിജാന എന്ന് അഹം യമ വിധോർജുന ജാതി ദൃഷ്ടും മറ്റേ ഞാൻ ആദ്യം പറഞ്ഞത് തന്നെ ഭക്ത മാം അഭിജാതി യാവാൻ ഇച്ഛാസ്മ തം തോ ജാ വിശദേ തദനന്തരം ഓർമ്മേണ്ട ഇത് പതിനെട്ടിന്റെ അമ്പത്തഞ്ചാമത്തെയാണ് ഇവിടെ രണ്ടിടത്തും പറയുന്ന എന്താണ് ഭക്തി കൊണ്ട് അറിയുന്നു എന്നാണ് ഭക്ത അറിയില്ലാത്തവനാണ് അതേ ശങ്കരാചാര്യ സിദ്ധാന്തമാണ് ഗീതയിൽ കാണാൻ വളരെ ബുദ്ധിമുട്ടുള്ള സിദ്ധാന്തം മനസ്സിലാവുന്നുണ്ടോ ടുത്തും പറയുന്ന എന്താ ഭക്യാത്വ അനന്യ ശിത്യ അഹം ഏവം വിധോർജുന ജ്ഞാതം അപ്പൊ ഭക്തി കൊണ്ടെന്നെ അറിയാമെന്നാണ് അപ്പം ഭക്തൻ ഭക്തിയിലൂടെ ഈശ്വരനെ അറിയുന്നു അങ്ങനെ അറിയുന്നു ഭക്തന് ഈശ്വരനോട് രാഗപ്രയുക്തമായി രാഗമുണ്ട് എനിക്കത് വേണം ഇത് വേണം എന്തെങ്കിലും വേണോന്ന് ആവശ്യപ്പെടേണ്ട കാര്യം കാരണം ഈശ്വരൻ സർവജ്ഞന എല്ലാം അറിയുന്നവനല്ല വേണ്ടത് കൊടുക്കും ആവശ്യമില്ലാത്തവർക്ക് ഒഴിവാക്കും അതിനെ നിഷ്കാമ ഭക്തി എന്ന് പറയുന്നതാണ് ഈ ആൾക്കൂട്ടത്തിലൊന്നും ഭക്തന്മാരെ കാണാത്ത നമ്മള് ആൾക്കാരെ അഭിസംബോധന ചെയ്തിട്ട് പറയും ഭക്തജനങ്ങളെയും ഭക്തജനങ്ങളൊന്നുമില്ല ഭക്തം അപൂർവമായിട്ടാണ് ഭക്തജനം അവിടെ ബഹുവചനമുണ്ട് അതിൽ പറയേണ്ട എന്താണ് വിശ്വാസികളെയും ഈ ക്രിസ്ത്യാനികളുടെ ഏതൊക്കെ പ്രാർത്ഥനയിൽ പോയാൽ അവർ വിശ്വാസികളെയും അഭിസംബോധന ചെയ്തു അവർ കറക്റ്റാണ് അവർക്ക് വിവരമുണ്ട് ഒരു ഭക്തജനങ്ങളെ സംഭവന ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ പോയിട്ടുണ്ട് ഇപ്പൊ ഇപ്പൊ ഈ ഹിന്ദുക്കളെയൊക്കെ കണ്ട് അവരും പഠിച്ച് വഴിതെറ്റിയുമെന്നറിയിട്ടില്ല മുമ്പ് അവര് ശരിയായി വിശ്വാസികളെ വിശ്വാസം മോശമെന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ വിശ്വാസം മോശമൊന്നും എന്നും ഞാൻ പറയുന്നത് ധരിക്കണേ രണ്ടുപേരെ വരെ മനസ്സിലാവും വിശ്വാസി എന്ന് പറയുമ്പോൾ മൂഢന്മാരായി അവരോരോ കാര്യത്തിനും ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ടേ ഒരു പനി വന്നു കഴിഞ്ഞാൽ ഭഗവാനോട് പറയും പനി മാറ്റിത്തരണേ എന്നിട്ട് ഡോക്ടറേം പോയി കാണാം ഇതാരാ മാറ്റുന്നത് അങ്ങനെ തന്നെ ഉറപ്പില്ല അവനാണ് മൂഢണം എന്നുള്ളത് ക്രിസ്ത്യാനികൾ പ്രാർത്ഥിക്കും അന്നങ്ങത്തെ അപ്പം കേണവേ ഒരു ഭക്ഷണത്തിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു അത് അത് ശരിയാണ് അവര് ചെയ്യുന്നത് ശരിയാണ് അത് വിശ്വാസികളാണ് അവര് ഇവിടെ എന്താണ് മനുഷ്യന്റെ വളരെ തുച്ഛമായ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി വിശ്വാസികൾ പ്രാർത്ഥിക്കും അവർക്ക് അത്രയ്ക്കുള്ള ബോധങ്ങൾ അതുകൊണ്ട് ഈ അമ്പലങ്ങളിലും ആശ്രമങ്ങളിലോ ഉള്ള ആൾക്കൂട്ടം മൂന്ന് വിശ്വാസികളാണ് ഭക്തരെ തെറ്റിദ്ധരിക്കരുത് ആ അത് നിങ്ങളൊക്കെ പ്രസംഗിക്കുമ്പോൾ പറയണം ഇന്നി തിരുത്തിക്കൊള്ളണം വിശ്വാസികളെ എന്ന് ും ശ്രദ്ധിച്ചോണം ഇതൊന്നും പൊളിച്ച് പറയാനില്ല പറഞ്ഞ മണ്ടിക്കൂലിയും തരത്തില്ല ഒരു ഭക്തരല്ലെന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടുമോ ഇല്ല ഈ ഗീതയുടെ ശ്ലോകം ഞാനീ പറയുന്നതൊക്കെ ഗീതയുടെ ഭഗവാനെ കുറിച്ചും ഗീതയുടെ ഭക്തിയെ കുറിച്ചുമാണ് അതുകൂടെ മനസ്സിലാക്കുക വിശ്വാസി എന്ന് പറയുന്ന ആൾക്കൂട്ടത്തിൽ ഈ പറയുന്ന ഭക്തി നിഷ്കാമ ഭക്തി എന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും ഭഗവാനോട് പ്രാർത്ഥിക്കുകയല്ലേ അസുഖം വന്ന മാറ്റിത്തന്നൊന്ന് പ്രാർത്ഥിക്കുകയല്ലേ അങ്ങനെ അത് ഇനി വേർ സത്യശങ്കരായാർ പറയും ചിത്തശുദ്ധി പോലും ആഗ്രഹിക്കുന്നു ഏത് പ്രത്യേകം അതാണ് പറയും നിഷ്കാമം കാമം ഇല്ലാതെ പ്രവർത്തിക്കുക അതായത് എന്തെങ്കിലും ഒരു പ്രവൃത്തിക്ക് പ്രേരകമായി നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഒരു വിശേഷപ്പെട്ട ഗുണമാണ് രാഗം അത് യാതൊരു സംശയവില്ല തർക്കമില്ല രാഗപ്രയുക്തമായി രാഗത്തിന്റെ പ്രേരണ കൊണ്ട് പ്രവർത്തിക്കുന്നത് അത് അന്ന് വിചാരിച്ച രാഗമില്ലെന്നല്ല സയന്റിസ്റ്റിന്റെ കാര്യമല്ല പറയുന്നത് ഭക്തന്മാരുടെ കാര്യം പറയുമ്പോ സയന്റിസ്റ്റിന് എന്തിനാ എല്ലാ മനുഷ്യരും സയന്റിസ്റ്റിന്റെ കാര്യം പോകുന്നു നമ്മളെല്ലാരും രാഗം കൊണ്ട് തന്നെ പ്രവർത്തിക്കുന്നു എന്തിനാ സയന്റിസ്റ്റിന്റെ അടുത്ത് പോകുന്നു അതല്ലേ പറയുന്നത് രാഗം അവിടെ ഉണ്ട് ഇത് ഞാൻ പറഞ്ഞതാണോ ശങ്കര എന്ന് പറയുന്നതാണ് ഗീതയിൽ പറയുന്നു ശങ്കരാചാര്യ പറയുന്നതാണ് എന്താണ് രാഗമുണ്ട് രസോപ്യസ് പരം ദൃഷ്ട നിവർത്തത് ആ രാഗം എന്ന് പറയുന്നത് പരം ദൃഷ്ട വരെ രാഗം ഉണ്ടായിരിക്കുമെന്ന് തന്നെ പറയുന്നു ഒരു സംശയമില്ല ഇല്ലെന്നല്ല പറയും വിഷയാമർത്തിന്റെ നിരാഹാരസ്ന രസവർജം നിങ്ങൾ വിഷയവിമുഖനായ രാഗവിമുഖനാകാൻ കഴിയെത്തിയില്ല രാഗമോടെ ഉണ്ടായി എന്ന് തന്നെ പറയും അപ്പോ കാര്യങ്ങൾ നടന്നു പോകുന്ന എങ്ങനെയെന്നല്ല പറയുന്നത് കാര്യങ്ങൾ എങ്ങനെ മാറ്റുമോ എന്നുള്ള കാര്യമാണ് പറയുന്നത് അതാണ് ആധ്യാത്മികമായ ഉപദേശവും രാഗം നിങ്ങളില്ലെന്നല്ല പറയുന്നത് മറിച്ച് രാഗപ്രേരിതനായി പ്രവർത്തിക്കരുതെന്നാണ് അല്ല രാഗപ്രേരിതനായി അല്ലാതെ എനിക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വാസികൾ ഭക്തനല്ല എന്നാണ് ഞാൻ പറയുന്നത് അതുകൊണ്ടല്ലേ വിശ്വാസികളുടെ ബാഹിക്ക് എവിടെ ചെന്നാലും ശബരിമല പോകുന്ന ഇത്രയും ആൾക്കാർ വിശ്വാസികളല്ലേ ഭക്തന്മാരാണ് അല്ല എന്തുകൊണ്ട് അവർ പോകുന്നത് എന്താണ് ലോട്ടറി അടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ തേമ്മല് മാറാൻ പോകുന്നവരുണ്ട് ചൊറി മാറാൻ പോകുന്നവരുണ്ട് തലവേദന മാണം ഇതൊക്കെ മനുഷ്യന്റെ ആവശ്യങ്ങളാണ് ഞാനതിനെ പരിഹസിക്കുന്നത് അവർക്ക് വിശ്വാസികളാണ് വിശ്വാസം വിശ്വാസം അവിടെ പോയി കഴിഞ്ഞാൽ ഇതെല്ലാം മാറും അത് ഭക്തിയല്ല രണ്ടും രണ്ടായിട്ട് തന്നെ വേണം വേണമെങ്കിൽ സ്തുതിക്കാം നിർബന്ധമാണെങ്കിൽ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല മനസ്സിൽ കണ്ടിട്ടെങ്കിലും മനസ്സിൽ എന്നോട് സ്നേഹമുള്ളവരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് അതെനിക്കറിയാം ഞാനത് അംഗീകരിക്കുന്നു പിന്നെ ഞാൻ പ്രാർത്ഥിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ പറയും ഇതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കണം നിങ്ങൾ തന്നെ ഉത്തരം പറയും ഞാൻ പ്രാർത്ഥിക്കാറില്ല എന്റെ രോഗം മാറാൻ ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല സത്യമാണ് പറയും അങ്ങനെ മനസ്സിൽ തോന്നാറില്ല പ്രാർത്ഥിച്ച അസുഖം മാറ്റി കളയാം എന്തിന് ഈശ്വരനെക്കുറിച്ചുള്ള എന്റെ അറിവ് അതാണ് എന്താണ് സർവജ്ഞനും സർവശക്ത ഏത് ഈശ്വരൻ ഗീതയെ ലഭിച്ചു അപ്പോൾ എന്ത് രോഗം മാറ്റേണ്ടതാണ് എന്ത് ഈശ്വരനറിയാം എന്ന് ഈശ്വരൻ മാറ്റി ഞാനതിനെ പ്രാർത്ഥിക്കുന്നു അതിൻ്റെ ആവശ്യം ഗീതയനുസരിച്ച് ഞാൻ പറയണം മറ്റുള്ളവർ പ്രാർത്ഥിക്കുന്നുണ്ട് അത് അവരുടെ വിശ്വാസം ഞാനോടും പ്രാർത്ഥിക്കണ്ടെന്ന് പറയത്തില്ല എന്നോടായിരിക്കും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു ഞാൻ എന്ന് മൂള് കാരണം അവരെ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് പറഞ്ഞു മനസ്സിലാക്കാൻ പോയാൽ ചിലപ്പോൾ അവര് നമ്മള് ശത്രു ശത്രുവാണ് ഇതെവിടത്തെ സ്വാമിയാണ് ഇതെന്താ പറയുന്നത് എന്നെ ശത്രുവാകുന്നു എന്റെ എന്നെ ശത്രുവാക്കുന്നതിന് എന്നെ മനസ്സിലാക്കുമെന്ന് യാതൊരു നിർബന്ധ അങ്ങനെയാണ് നടന്നത് ഇത്തരം കാര്യങ്ങളും ആൾക്കാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്ത് വളരെ പ്രയാസമുണ്ട് ഞാനിത് പറഞ്ഞിട്ടൂടെ അല്ലെങ്കിൽ ബോധ്യമായില്ല ഒരാൾ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട എന്താ മൂളാനേ പറ്റും ഇത് ശങ്കരാജ് പറയുന്ന കാര്യം ഗീതയിൽ പറയുന്നത് ഭക്തി മാം അഭിജാനാതി ഞാനിപ്പോ പറഞ്ഞത് എത്ര ഗീതയിലെ എത്ര അധ്യയന ശ്ലോകമാണ് പതിനെട്ടിലെ എത്ര നമ്പരത്ര പതിനെട്ടിലെ അമ്പത്തി അഞ്ച് തെറ്റിപ്പോ ഒരു മുമ്പേ പറഞ്ഞ് പോകുന്ന പതിനൊന്ന് എന്നെ കൂടെ തെറ്റിക്കരുത് അത് അമ്പത്തിനാല് അത് വളരെ പ്രധാനപ്പെട്ട ശ്ലോകമായി എന്റെ അതുപോലെ എനിക്ക് ഓർമ്മിക്കാനും പറയാനും പ്രധാനമെന്ന് കാണുമ്പോൾ ഇവിടെ പറഞ്ഞു കാരണം ഇതിൽ അവസാനം പറയണം ഭക്തി കൊണ്ടുതന്നെ അറിയുന്നു എന്താ ചോദിച്ചത് എന്താണ് അദ്വൈത ജ്ഞാനത്തിന് വേണ്ടിയാണ് അതെ ശാങ്കര സിദ്ധാന്തമനുസരിച്ച് അദ്വൈതജ്ഞാനത്തിന് വേണ്ടിയാണ് ജീവാത്മപരമാത്മേകത്വജ്ഞാനം ചിത്തശുദ്ധി അങ്ങനെ അതെ തീർച്ചയായിട്ടും ഈശ്വരന്റെ ഭക്തി വേണം ഈശ്വരാനുഗ്രഹം കൊണ്ട് അത് ഈശ്വര അനുഗ്രഹം ചിത്തശുദ്ധിക്ക് കാരണമാണ് അതും അംഗീകരിക്കുന്നു ശരിയാണ് ഒരു പ്രവ്യത്യാസമില്ല അതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത് അതായത് ഈശ്വരന്റെ പറഞ്ഞത് വ്യക്തമായി മനസ്സിലാവുക ഈശ്വരന്റെ അനുഗ്രഹം വേണ്ട എന്ന് പറയുന്നില്ല ഈശ്വരന്റെ അനുഗ്രഹത്തിനു വേണ്ടി രാഗപ്രയുക്തമായി പ്രാർത്ഥിക്കേണ്ടെന്നാണ് പറയുന്നത് വ്യക്തമായ നിങ്ങളുടെ രാഗം കൊണ്ട് നിങ്ങൾ ഈശ്വരൻ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കേണ്ടെന്നാണ് അല്ലാതെ ഈശ്വരാനുഗ്രഹം വേണ്ടതെന്നാണ് അല്ല ഞാൻ പറഞ്ഞത് ഈശ്വരന്റെ വിവരമുണ്ട് നിങ്ങൾക്കത് ആവശ്യമുണ്ടെങ്കിൽ ഈശ്വരൻ തരും നിങ്ങൾ ആവശ്യപ്പെടേണ്ട കാര്യമില്ല ഇപ്പൊ വ്യക്തമായ അല്ല ഈശ്വരാനുഗ്രഹത്തെ നിഷേധിക്കുന്നില്ല എനിക്കിപ്പോ രോഗമുണ്ട് എന്റെ രോഗം മാറ്റണമെന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല ഈശ്വരൻ അറിയാം എനിക്ക് രോഗമുള്ളതെന്നും എന്റെ രോഗം മാറ്റേണ്ടതാണെങ്കിൽ മാറ്റേണ്ടതാണെന്നും അല്ല മാറ്റന് ഈ രോഗം ഒന്ന് ചത്തു പോട്ടെ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഇതെല്ലാം ഈശ്വരനെ അറിയാം ഈശ്വരൻ വേണ്ടതെന്ന് ചെയ്തോ പിന്നെ ഞാൻ പ്രാർത്ഥിച്ചിട്ടെന്താ കാര്യം എന്റെ രോഗം മാറാനുള്ളതല്ല ഈ രോഗത്തോടുകൂടി ഞാൻ മരിക്കേണ്ടവനാണ് അത് ഈശ്വരന്റെ അറിയുമെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചിട്ടെന്താ കാര്യം എന്റെ ആഗ്രഹം കൊണ്ടോ എന്റെ ആഗ്രഹം കൊണ്ടുള്ള പ്രവൃത്തി കൊണ്ടോ അല്ലാതെ നടക്കേണ്ടത് ഈശ്വരന്റെ നിശ്ചയമനുസരിച്ചെന്നാണ് ഈ പറയുന്നത് അതിന് യാതൊരു തരത്തിലുള്ള സംശയത്തിനും ഒരു പ്രസക്തിയിൽ സംശയമുണ്ടെങ്കിൽ തോന്നി ഇതാണ് ഭക്തന്റെ നിഷ്കാമമായ ഭക്തി വിശ്വാസി അങ്ങനെയല്ല അപ്പൊ വിശ്വാസം വേണ്ടെന്നാണ് പറയുന്നത് അതല്ലേ പറഞ്ഞു ഭക്തന് വിശ്വാസവുമാകാം വിശ്വാസിയെന്ന് പറയുമ്പോൾ അത് ഭക്തനല്ല അങ്ങേറെ എന്നാണ് ഞാൻ പറയുന്നത് അപ്പൊ ഭക്തിയാം അഭിജാനാദി ശ്രദ്ധാവാൻ ലഭതയും ഞാനാണ് അവിടെ ഭക്തിയും ശ്രദ്ധ സാഹചര്യത്തിൽ ഭക്തിയും ശ്രദ്ധയും ഒരുമിച്ചിരിക്കുമ്പോൾ അവിടെ ഞാൻ സംഭവിക്കും ഭക്തിയിൽ ശ്രദ്ധ പാടില്ലെന്നല്ല പറയാം അവിടെയും ഞാനത്തെ കുറിച്ചാ പറയും പക്ഷെ സാധാരണ ഒരു വിശ്വാസി എന്ന് പറയുമ്പോ വിശ്വാസി മൂഢനാണെന്നുള്ളതിൽ ഏറ്റവും വലിയ തീയതി തന്നെയാണ് ഒരു വൈറ്റ് വേദന വന്നാൽ ദൈവത്തോട് പ്രാർത്ഥിക്കും അപ്പൊ അവ എന്താതിരിക്കുന്നത് എനിക്ക് വൈദ്യുവേദന വന്നത് വിവരം ദൈവം അറിഞ്ഞില്ല അത് ഞാൻ പ്രാർത്ഥിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ ദൈവാനം മാറ്റിത്തരാൻ ഞാനീ പറയുന്ന വിപ്ലവമല്ല അന്ന് അന്നും ധരിച്ചത് തത്വമാണോ ആത്മീയ തത്വം പറയുക എന്തോ വിപ്ലവം പറയുന്നു ധരിക്കില്ല ഞാൻ അത് വ്യക്തമായി പറയല്ല ഭക്തനാരാണ് വിശ്വാസിയാരാണോ വിശ്വാസി പ്രാർത്ഥിക്കും രണ്ടെന്ന് ഞാൻ പറഞ്ഞു തെറ്റിദ്ധരിക്കരുത് അയ്യോ ഇത് പ്രാർത്ഥിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല വിശ്വാസി പ്രാർത്ഥിക്കും നിഷ്കാമ ഭക്തിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നതെന്ന് മനസ്സിലായോ രണ്ട് രണ്ടാണെന്ന് മനസ്സിലായോ അതിന്റെ പിന്ന തത്വം മനസ്സിലായോ എന്താണ് നിഷ്കാമ ഭക്തി എന്താണെന്ന് മനസ്സിലാക്കണത്തിൽ ആ വിശ്വാസി എന്നുള്ള തലത്തിൽ നിന്ന് മാറി ഭക്തി എന്നുള്ള തലത്തിലേക്ക് വന്നത് മനസ്സിലാക്കും നിന്നടത്തെന്ന് മനസ്സിലാക്കാൻ പറ്റും നമ്മളീ പറയുന്ന ന്യായവാദങ്ങളും യുക്തികളും എല്ലാം വിശ്വാസിക്ക് ഫിറ്റാണ് വിശ്വാസിയെ ഞാൻ കടന്നാക്രമിക്കല്ല വിശ്വാസിയുടെ സ്ഥാനം എന്താണ് ഭക്തിയുടെ സ്ഥാനം എന്താണെന്ന് വേറെ തിരിച്ച് പറയുകയാണ് ഗീതയ്ക്കനുസരിച്ച് ശങ്കരായൻ പറഞ്ഞതനുസരിച്ച് അത് വേറെ തിരിച്ച് മനസ്സിലാക്കുന്ന ആളാണ് ഞാൻ വിശ്വാസിയാണ് ഞാൻ വിശ്വാസിയായിരിക്കത്തെ എനിക്ക് ഭക്തനുമാണോ എന്ന് പറയാൻ നടക്കില്ല നിങ്ങൾ ഭക്തനാണെങ്കിൽ ഞങ്ങൾക്ക് വിശ്വാസമാണ് അതാണ് വ്യത്യാസം അല്ലാതെ ആരെങ്കിലും ഭക്തജനങ്ങളെ എന്ന് വിളിച്ചതുകൊണ്ടു നോട്ടീസ് അടിച്ചുകൊണ്ട് ഈ ജനങ്ങളൊന്നും ഭക്തരാകത്തില്ല എന്നാണ് ഞാൻ പറയുന്നത് തത്വത്തിലും പ്രയോഗത്തിനും രണ്ടിനും വ്യത്യാസം എന്നാൽ ഭക്തൻ ഈശ്വരനെ സ്തുതിക്കും സ്തുതിക്കുന്നതിന് കുഴപ്പം കാരണം ഭക്തനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈശ്വരന്റെ മഹത്വം അതിനെ ഓർക്കുന്നതിന് വേണ്ടി ഭക്തൻ ഈശ്വരനെ സ്തുതിക്കാം അവിടെ ദോഷമൊന്നും അത് പ്രാർത്ഥന അല്ലെങ്കിൽ തനിക്ക് വേണ്ടി പ്രത്യേകം ആവശ്യപ്പെടുന്ന ഈശ്വരന്റെ മഹത്വത്തെ ഓർക്കാൻ വേണ്ടിയിട്ട് നിരന്തരം സ്ഥിതി ഇത് രണ്ടും വ്യക്തമാണ് ഇതൊരു പുതിയ കാര്യമൊന്നുമല്ല നമ്മുടെ ആധ്യാത്മിക ശാസ്ത്രം തുടർന്നു വരുന്ന തുടർന്നു വരുന്ന ഒരു കാര്യമാണ് ശങ്കിടയില്ലാതെ ഞാൻ വ്യക്തമായി പറഞ്ഞുകൊണ്ടിരുന്നു നിങ്ങളെ സംബന്ധിച്ചിപ്പോ വരുന്ന പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഈ വ്യക്തമായി കാര്യങ്ങൾ പറയുന്നതാണ് പ്രശ്നം ഒരവ്യക്തയിൽ കാര്യങ്ങൾ എങ്ങനെ നിലന്തൊടാതെ അവർക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പരാതിയില്ല കാരണം നിങ്ങൾക്ക് മനസ്സിലാക്കില്ല മനസ്സിലാകിരുന്നുകഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പരാതിയില്ല മനസ്സിലാവുമ്പോഴാണ് അസ്വസ്ഥ പോയിത് ഇങ്ങനെയാണ് ഞാൻ ഇതുവരെ ഇങ്ങനെ അല്ലല്ലോ ധരിച്ചിരുന്നു അങ്ങനെ പ്രശ്നത്തിൽ അപ്പൊ വ്യക്തതയാണ് നമ്മൾ അസ്വസ്ഥമാക്കുന്നു അതാണ് ഞാൻ ഈ പറയുന്നത് മതപ്രഭാഷണം നിങ്ങളുടെ വ്യത്യാസം മതപ്രഭാഷണത്തിൽ എന്നും നിങ്ങളെവിടെയായിരിക്കും എന്നും നിങ്ങൾ ഇരളിന ബലം വച്ചു അതാണ് എന്റെ പ്രത്യേകത ഇത് ശാസ്ത്രത്തിന്റെ വ്യാഖ്യാനമാണ് അവിടെ വ്യക്തത ക്ലാരിറ്റി അതിനാണ് പ്രാധാന്യം അത് അതിനെ സംബന്ധിച്ച് ചോദ്യം ചോദിക്കുന്നത് തെറ്റെന്നല്ല ഞാൻ പറയും അത് വഴി നടന്നു പോകുമ്പോ കാണുന്ന ഏതെങ്കിലും ഒരു ഫലവൃക്ഷത്തില് ഒരു കല്ലെടുത്തെറിഞ്ഞിട്ട് പോകുന്ന പോലെ ആയിരിക്കില്ല ചോദ്യം എന്ന് പറയും മറുപടിയായി നമ്മൾ സ്വാംശീകരിക്കാൻ ഗ്രഹിക്കാൻ ശ്രമിക്കും എതിർവാദങ്ങൾ ഉന്നയിച്ചിട്ട് പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്ന കാര്യവും നടക്കുന്ന കാര്യങ്ങൾ അത്രയ്ക്ക് വളർന്നിട്ടില്ല ശിശുക്കളാണ് കുഞ്ഞുങ്ങളാണ് അങ്ങനെ ഒരുപാട് ജന്മങ്ങൾ വേണ്ടി ബാലാനോ സുഖബോധായ ഈ പറയുന്നതല്ല ബാലോ സുഖബോധത്തിനായിട്ട് പറയുന്ന അതുകൊണ്ട് ചിന്തിച്ചു മനസ്സാവകാശം വൈകിയ വിശ്വാസം വേറെയാണ് ഭക്തി വേറെയാണ് ഭക്തന് വേറെയാണ് വിശ്വാസികൾ വേറെ മനസ്സിലാക്കാൻ പിന്നെ നിങ്ങൾ വിശ്വാസികളാണെന്നും നിങ്ങൾ ഭക്തന്മാരാണെന്നും ഞാൻ പറയുന്നു അങ്ങനെ ഒരു ഗ്രേഡിംഗ് ഒന്നും ഞാൻ നടത്തുന്നു രണ്ടിങ്ങനെ പിന്നെ ഞാൻ ഈ ഭക്തിയെക്കുറിച്ചും വിശ്വാസത്തെ കുറിച്ചും പറയുമ്പോ നിങ്ങളിങ്ങനെ ചോദ്യം നിരന്തരം ചോദിക്കുമ്പോ എന്റെ മനസ്സിനൊരു സംശയം ഉണ്ടാവാതിരിക്കുന്നില്ല നിങ്ങൾ ആരാണ് ഭക്തിയിൽ കാമനയില്ല രാഗമില്ല അതാണ് ഈ പറയും എന്തുകൊണ്ട് ഭക്തി പിന്നെ വേറൊരു കാര്യമുണ്ട് ഭക്തി ജ്ഞാനത്തിന് വേണ്ടി എന്ന് പറഞ്ഞാൽ രാമാനുചാരിയുടെ അംഗീകരിക്കില്ല മുമ്പോട്ട് വരുമ്പോൾ മനസ്സിലാവും രീതിയിൽ ഭഗവാൻ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ കൂടിയും ഭക്തിയിലൂടെ ജ്ഞാനം എന്നൊക്കെ പറയുന്നത് കുറഞ്ഞ ഭക്തിയും കുറഞ്ഞ ജ്ഞാനമാണ് അത് കൂടിയ ഭക്തിയല്ല ഇങ്ങനെയൊക്കെ രാമാനുചാരി വെക്കാൻ ശങ്കരായർക്കത് സൗകര്യമാണ് ശങ്കരായ പറയുന്നു ഭക്തി ജ്ഞാനത്തിന് വേണ്ടിയുള്ള ഭക്തന് ജ്ഞാനം ഉണ്ടാവും ആ ഭക്തി അപ്പോ ഭഗവാനെ കുറിച്ച് ഭക്തനുസരിച്ച് ബോധമുണ്ട് അതുകൊണ്ട് പറഞ്ഞു ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്നുള്ള രാഗം അതും വേണ്ട എന്ന് പറഞ്ഞതാണ് അപ്പോ ഭഗവാന് വേണ്ടി കർമ്മം ചെയ്യുമ്പോ ചിത്തശുദ്ധി എന്താണെന്ന് ഉണ്ടാവും അപ്പൊ ചിത്തശുദ്ധിയും വിശ്വസിച്ച് ആഗ്രഹിക്കേണ്ട കാര്യമില്ല എന്നും പറയും അവിടെ ആഗ്രഹത്തെ മാത്രമാണ് നിഷേധിക്കുന്നത് ബാക്കി വിശ്വസിന്റെ അനുഗ്രഹത്തെയോ ചിത്തശുദ്ധിയെയോ ഒന്നും നിഷേധിക്കുന്നില്ല ഇത് വളരെ പ്രധാനമായ ഒരു ആശയമാണ് ഇത് മനസ്സിലാക്കിയാൽ എന്താണ് നിഷ്കാമ ഭക്തി എന്ന് മനസ്സിലാക്കുന്നു വയറ്റുവേദന മാറാൻ വേണ്ടി ഇവർക്ക് ഭരിക്കുന്നവർക്ക് വീണ്ടും പറയാൻ മനസ്സിലാകുന്നത് കാരണം അത് ശീലിച്ചു പോയി ബദ്ധരായ മനസ്സുകളാണ് അവിടെ ഇത്തരം ആശയങ്ങളൊക്കെ പറഞ്ഞാൽ ഉൾക്കൊള്ളണം വലിയ പ്രയാസം ഒരു വിശ്വാസിക്തനായി മാറാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയുന്നത് ആൾക്കൂട്ടങ്ങളിൽ നിങ്ങൾക്ക് വിശ്വാസികളെ കാണാം ഭക്തരെ കാണാൻ പ്രയാസം ഇനി സംശയമുണ്ടോ സംശയം ചോദിക്കുന്നതിന് എനിക്ക് സന്തോഷമേ ഉള്ളൂ സംശയം നല്ല മൂർച്ചകളായി മൂർച്ചയുള്ള സംശയങ്ങൾ ചോദിച്ചാൽ നല്ല ദൃഢമായ മറുപടി പറയാൻ പറ്റും ഞാൻ സംശയം ഭേദിക്കാത്ത മറുപടി അത് കേൾക്കുമ്പോൾ പ്രയാസമെന്ന് തോന്നൽ കടത്തുപോയെന്ന് തോന്നുന്നു പിന്നെ ഇവിടെ സത്യശക്തിയോ സമൂഹഭൂത്തോ എന്നോട് നിസന്തരായെന്ന് പറയുന്നത് ജ്ഞാനപ്രാപ്തിയിൽ ജ്ഞാനം പ്രാപിക്കാതിരിക്കുന്നതാണ് സിദ്ധിയൊന്നുമില്ല ജ്ഞാനപ്രാപ്തി ആ സിദ്ധിയെന്ന് പറഞ്ഞാൽ ജ്ഞാനം പ്രാപിക്കാതിരിക്കുക അങ്ങനെയും വ്യാഖ്യാനിക്കാം രാമാനുചാരി പറയുന്നത് വിജയാദി ചെറിയ നിസാരമായ കാര്യങ്ങൾ എല്ലാം ശ്രദ്ധിക്കുന്ന സിദ്ധിക്കുന്നു ചെറിയ ചെറിയ നേട്ടങ്ങൾ തുടങ്ങി ജ്ഞാനപ്രാപ്തി വരെ എല്ലാം എടുക്കണം സമത്വം എന്ന് പറയുന്നത് ചിത്തസമാധാനമാണ് അത് അദ്ദേഹം പറയുന്നതാണ് യോഗ അനുശാസന അഥയോഗാനുശാസനം തുടങ്ങിയ യോഗാനുശാസനത്തിലൂടെയെല്ലാം സിദ്ധമാകുന്ന ചിത്തത്തിൻ്റെ സമാധാനം സമാധി സമാധാനം സമാധിയുണ്ടെന്ന് അതാണ് ഇവിടെ പറയുന്ന ചിത്തസമാധാനം എന്ന് പറയുന്നത് എന്നാൽ എന്തല്ലെന്നും പറയും വിദ്യാദേശം തന്നെ ഇത്യാദി പ്രശാന് പ്രദേശാന്തരത്ത് സമത്വാന്തരം വ്യാവർത്ഥനായുക്തം തരുതൽ സത്യസത്യ സാർവത്രിക യോഗശക്തത്തിൽ അതായത് ഈ സമത്വം ഇവിടെ പ്രിൻസിപ്പാലുകൾ അഞ്ചാം അധ്യായത്തിൽ പറയുന്ന സമത്വം വിദ്യാലയ സേ ബ്രാഹ്മണീ ഗവസന് ശരിചേരി സ്വഭാവ പണ്ഡിത സമകരിച്ചു അവിടെ പറയുന്ന ആ സമത്വം അതല്ല ഇവിടെ പറയുന്നു അവിടെ വിശിഷ്ടാഗ്രികളും അദ്വൈതികളും എല്ലാം പറയുന്ന സമത്വം എന്നാണ് ശങ്കരാ സമ ബ്രഹ്മ തദ്ദ്രും ചീനം യസ്യ സമദർശി ബ്രഹ്മത്തെ കാണുന്നവൻ അവനാണ് സമദർശിത്വം അപ്പൊ ബ്രഹ്മത്തെ അറിയുന്നാണ് സമദർശനം ബ്രഹ്മത്തെ അറിയുന്നവനാണ് സമദർശിത്വം ണിച്ച് വിദ്യാഭിനയ സമ്പന്നനായ ബ്രാഹ്മണൻ പശു ആന പട്ടി പട്ടിയെ പാകം ചെയ്ത് കഴിക്കുന്നവർ ഇവര് ഒന്നും തുല്യരല്ല ഇതല്ലെല്ലാം വൈഷമ്യമുണ്ട് എന്ന് തന്നെയാണ് രണ്ടുപേരും പറയും ഇതെല്ലാം മെമ്മേറിയാം രാമാനുരാചാര്യം പറയുന്നു എന്താണ് ഇവരിലെല്ലാവരും ആത്മാവിനെ കാണുന്നതാണ് സന്ദർശനം ഇവരെല്ലാം വേറെ വേറെ കാണുകയും എന്നാൽ ഇവരിലെല്ലാവർക്കും ആത്മാവിനെ കാണിക്കും അപ്പോൾ ഇവരിലെല്ലാവരും ആത്മാവിനെ കാണുമ്പോൾ ഇവരിലെല്ലാം വ്യത്യാസം പ്രകൃതി സിദ്ധമായ പ്രകൃതിയിലുള്ളതുകൊണ്ട് ശങ്കരായതിനായും സത്വം ലഭിച്ച ബ്രാവണൻ സത്വമാണ് പശുരജസ്സാണ് ബാക്കിയുള്ള എല്ലാം തമസ്സാണ് ആ വ്യത്യാസം പ്രകൃതിയിലുള്ളതുകൊണ്ട് ഇവരെല്ലാം വേറെ വേറെ ഇവരെ കാണും കണ്ടേയും മതിയാവും എന്നാൽ ഇവരുടെ എല്ലാവരും ഒരു ബ്രഹ്മത്വം കാണും സമയം ഇതെല്ലാം നമുക്ക് രാമാനുചാചാര്യം മൗസോന് സരസ്വതി പറയുകയും ഇവരെല്ലാം വെവേറെ കാണുന്നതോടൊപ്പം ഇവരിലിരിക്കുന്ന ബ്രഹ്മത്തെ കണ്ടനന്ദിക്കുന്നതാണ് ജീവൻ മുക്തി അങ്ങനെയാണ് ജീവൻ മുക്തി എന്ന് പറയുന്നത് ജീവൻ മുക്തൻ ഇവരെല്ലാം വേറെ വേറെ കാണുകയും ഇവരിലിരിക്കുന്ന ബ്രഹ്മത്തെക്കൊണ്ട് ആനന്ദിക്കുകയും ചെയ്തു അവിടെ പറയുന്നതിന്റെ ചുരുക്കം ഇതാണ് പേരുണ്ടാവും അഭേദജ്ഞാനവും ഭേദ വ്യവഹാരം ഏകത്വ ജ്ഞാനവും വ്യവഹാരത്തിൽ എല്ലാവരും വേദവേദം മറ്റൊരു വ്യത്യാസം പറയുന്നത് അഭിനവകുപ്തനാണ് അഭിനവകുപ്തൻ പറയുന്നത് എല്ലാം ചിന്മയമായി കാണുക എന്താ എന്നാൽ ഇവര് പറഞ്ഞ ഒരു വ്യത്യസ്തത പറയും ഒരു യോഗി ബ്രാഹ്മണനെ കാണുമ്പോ ബ്രാഹ്മണൻ അത് പൂജിച്ച് പുണ്യം നേടണമെന്ന് ആഗ്രഹിക്കത്തില്ല ഇത് അഭിനോഹത്തിന്റെ വേദന അങ്ങനെ ആഗ്രഹിക്കത്തില്ല യോഗി പശുവിനെ കണ്ടാൽ അത് പരിശുദ്ധമാക്കുന്നതാണെന്ന് ചിന്തിക്കത്തില്ല ആനയെ കണ്ടുകഴിഞ്ഞാൽ അത് ഐശ്വര്യം ആണെന്ന് ചിന്തിക്കത്തില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ കാശുള്ളവരൊക്കെ വീട്ടിലൊരു ബെൻസ് കാർ വാങ്ങിയിടുമ്പോൾ പഴയ കാലത്ത് കാശുള്ളവർ ലായിട്ടുള്ളൊര വാങ്ങിക്കട്ടു അത് ഐശ്വര്യത്തിന്റെ സിമ്പലാണ് അപ്പൊ യോഗിയാകുന്ന കാണുന്നില്ല അതുപോലെ എന്താണ് വിശ്വാമിനും അതിനെ പാകം ചെയ്യുന്നവല്ലാം ഒന്നും അതിൻ്റെതായ വൈഷമ്യത്തെ കാണുന്നില്ല അവനെല്ലാം ചിന്മയമായി കാണുന്നു എന്നാൽ സാധാരണ വ്യവഹാരത്തിലേക്ക് വരുമ്പം ഭേദത്തിലേക്ക് വിവരിക്കാൻ സാധ്യമാകും എന്നാണ് മംസോനുസരിച്ച് പറയുന്ന അങ്ങനെയല്ല ഇവരെല്ലാം വൈഷമ്യമുള്ളൂ എന്ന് പറയുന്ന എല്ലാവർക്കും അവർക്ക് തുല്യത സാധ്യമല്ല കാരണം ധർമ്മശാസ്ത്രങ്ങൾ നിഷേധിച്ചിരിക്കുന്നു ഗൗതമ സ്മൃതിയല്ല ഉദാഹരണമായിട്ട് എടുക്കുന്നു നല്ലൊരു ഉദാഹരണവും പറയുന്നു സൂര്യന്റെ പ്രതിബിംബം തടാകത്തിന് വീഴും മനസൂര സരസ്വതിയുടെ ഉദാഹരണം മദ്യത്തിന് വീഴും സൂര്യനെ ഇതൊന്നും ബാധിക്കത്തില്ല അപ്പൊ ഇതെല്ലാം ഒന്നാണല്ലോ ഇതൊക്കെ വേറെ വേറെ അപ്പോ ആ പ്രതിബിംബം പതിക്കുന്ന വസ്തുക്കളെല്ലാം വ്യത്യസ്തമാണെങ്കിൽ തത്വാനി സൂര്യനെ കാണണ്ട ആനന്ദിക്കും എന്നാണ് അതിനൊക്കെ അവടെ വ്യവഹാരത്തിൽ ഒരു സമത്വവും സാധ്യമല്ല സ്മൃതികൾ നിഷേധിച്ചിരിക്കുന്നതാണ് അങ്ങനെയൊക്കെയാണ് വ്യാഖ്യാനിച്ചു പോകുന്നത് ആ പദ്യം അവിടെ വരുമ്പോൾ കൂടുതൽ വ്യാഖ്യാനിപ്പം അവിടെ പറയുന്ന സമത്വമല്ല അവിടെ പറയുന്നത് ഇവിടെ ചിത്തത്തിന്റെ സമാധാനമാണല്ലാതെ സർവത്ര ബ്രഹ്മത്തെ സമമായി കാണുന്ന അല്ല രണ്ടെന്നുള്ള വ്യത്യാസം